വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് അള്ളാഹുസുബാനുഹുവ ചാല ഒരു കരാറെടുത്ത സന്ദർഭം ഓർക്കുക നിങ്ങളത് ജനങ്ങൾക്ക് വ്യക്തമാക്കണമെന്നും അത് മറച്ചുവെക്കരുതെന്നും എന്നാൽ അവർ അതിനെ തങ്ങളുടെ മുതുകിനു പിന്നിലേക്ക് എറിഞ്ഞുകളഞ്ഞു അതിനു പകരം തുച്ഛമായ വില അവർ കൈപ്പറ്റി അവർ വാങ്ങിയ വസ്തു എത്ര മോശമായതാണ്